ചർച്ച ചെയ്ത ബാക്കി അതായത് ഇവിടെ രാമാനുജാതും അദ്വൈതത്തില് ഒരുപാട് അദ്വൈതത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ഞാനീ പറയുന്നത് അദ്ദേഹം എന്താണോ പറഞ്ഞു ഞാൻ പറയുകയാണ് അതിൽ എന്റേതായ സംഭാവനയൊന്നും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിന് ശേഷം അത് കയറുന്ന പ്രോബ്ലങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുമ്പോ ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കത്തില്ല പിന്നെ അതിനെ കുറിച്ചൊരു വിചാരം നടത്തുമ്പോ അതിനെന്റെ അഭിപ്രായം വരും എന്താണൊരു തവളയുടെ ശബ്ദം അപ്പോ അതിലിവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം അതിന്റെ മറുപടിയിൽ അതേ ഭാഷത്തിൽ തന്നെ ഈ പറയുന്ന അജ്ഞാനമോഹിതം പ്രതി കന്നു പറയേ സമാനുജാതി കുറയൊരു പാരമാർഗിക ഉപദേശമേ അഹം തൊം സർവേ വയം ഭേദം ഉപദേശമാണ് ഉപാധിക ആത്മഭേദവാലയെ ഈ ആത്മഭേദാർത്ഥത തത് ശ്രീ ഉപദേശയെ ഭേദഭിച്ചു രാമാചാര്യ എന്ന് പറയുന്നത് എന്താണോ ഭഗവത് ഉക്ത ആത്മഭേദ സ്വാഭാവികം ഭഗവാൻ പറഞ്ഞ ആത്മഭേദ സ്വാഭാവികം അവളത് തന്നെയാണ് കൃഷി കാര്യങ്ങൾ അവിടെയെങ്കിലും ഉപാധിത്വം പരമാർത്ഥം കൽപ്പിതം അപ്പോൾ ഭേദം കൽപ്പിതമാണെങ്കിലും തത്വം ഉപദേശിക്കുന്ന സമയത്ത് അസത്യമായ ഭേദത്തെ എന്തിനു പറയും ഇതാണ് കാരണം one place is that we are going to get out of bed. We are going to get out of bed. പരശുരാമൻ വേറെ വില്ലുമായി തടഞ്ഞു പൊടിച്ചത് ശൈവശാപം കൊണ്ടുവരുന്നത് വൈഷ്ണവചാപം ഇരുങ്ങി പറയൂ കഥ അറിയാൻ അപ്പൊ രാമനോട് ചോദിക്കുന്നത് നീ ഒരു ശൈവചാപം ഓടിച്ചവനാണെങ്കിൽ എന്ത കയ്യിലൊരു വൈഷ്ണവചാപ നീ ഒന്ന് ഇതിനെ ഞാൻ പറ്റും അതാ പരശുരാമൻ കരുതിയിരുന്നത് തനിക്കല്ലാതെ ഇതാറൊക്കെ ഇത് ഞാൻ മരിച്ചു കെട്ടാൻ ഞാൻ മരിച്ചു കെട്ടുമ്പോഴേക്കും ഇത് വളയും നടക്കുന്ന കാര്യം ശ്രീരാമൻ എന്ത് ചെയ്തു വളരെ ഈസിയായിട്ട് ഇതാ വെച്ചോ എന്ന് പറഞ്ഞോട്ട് വാങ്ങി ഞാൻ വരച്ചു കെട്ടി ഒരു ശരമെടുത്ത് അതിടുത്ത് അതുവരെ പരശുരാമന്റെ തപോഫലം കൊണ്ട് നേടിയ ലോകങ്ങളെല്ലാം നശിപ്പിച്ചവർ ഇതാണ് കഥ ഈ കഥയിലൂടെ ഇദ്ദേഹം എടുക്കുന്ന ഭാഗം വിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമനും പരശുരാമൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം രണ്ടു പേർക്കും അറിയാം പരസ്പരം ഞാനിന്നെയും വിഷ്ണുവിന്റെ അവതാരം രണ്ടുപേരും ഒരാളാണ് വിഷ്ണുവാണ് രണ്ടുപേരും ഒരാളായിരുന്നിട്ടും പരസ്പരം നീ ഞാൻ ത്വം അഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പൊ തത്വത്തെ അറിഞ്ഞവരും പരസ്പരം നീ ഞാൻ എന്ന് സംസാരിക്കുന്നതിന് ദോഷം പ്രാമാണിത് അങ്ങനെയാണ് അപ്പോ ഭഗവാൻ തത്വം അറിയൂടെ നീ ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പം തൊങ്ങോടെയും പറയുന്നുണ്ടോ പറയും എന്താ ദോഷം ഇപ്പൊ എന്ന് അങ്ങനെ പറയും അത് ദോഷവും ഇല്ലെന്ന് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് ഈ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഉദാഹരണമേ ശരിയല്ല അതായത് ഭഗവാൻ അർജുനനും താനും ഒന്നാണെന്നറിഞ്ഞിട്ടും ഞാൻ നീ എന്ന് എന്തുകൊണ്ട് പറയുന്നു ഭേദ അസത്യമാണെന്നറിഞ്ഞു സമാനം പറയുന്നത് എന്താണ് വേറെ രണ്ടുപേരങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പറയുന്നത് തന്നെ ശരിയായിട്ട് ഇതായിരുന്നു കാരണം ഭഗവാൻ ഇപ്പൊ അങ്ങനെ പറയണെങ്കിൽ വേറെ ആൾ പറഞ്ഞില്ലേ എന്ന് നോക്കേണ്ട കാര്യ ഭഗവാൻ തത്വജ്ഞാനിയാണ് ഇനി ഭഗവാൻ അർജുനോട് നീയെന്നും ജ്ഞാനെന്നും പറയണമെന്നുണ്ടെങ്കിൽ തത്വജ്ഞാനം ഉള്ള വേറെ ആളത് പറഞ്ഞോ പറഞ്ഞില്ലോ നോക്കേണ്ട ആവശ്യമും പരശുരാമനുമായിരിക്കുന്ന ആള് തന്നെയാണ് ശ്രീകൃഷ്ണനായിരിക്കും അപ്പൊ പിന്നെ രാമൻ എന്നും പരശുരാമൻ എന്നും പ്രത്യേകിച്ചു ഒരു പ്രമാണ സ്വീകരിക്കും അതുകൊണ്ടാകുന്ന ഉദാഹരണം വരുന്നത് തന്നെ ശരിയല്ല എന്ന ആര് പറയും ആര് പറയും ഇപ്പൊ ഈ ശ്രീകൃഷ്ണ അവതാരം തന്നെ പൂർണ്ണമാണ് വിശ്വാസം അനുസരിച്ച് അതുകൊണ്ട് അവിടെ എന്ത് പറയണോ പറയണ്ടെന്ന് സ്വയം തീരുമാനിക്കും പദ്വിധത്തിൽ അങ്ങനെ പറയാൻ വേണ്ടി പറയും അത്ര വേറെ ഒരു അവതാരത്തിന് ഉദാഹരണങ്ങളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിന് നമ്മുടെ സമാധാനം പറയും കഥാപാത്ര അതായത് തത്വം ഉപദേശിക്കുന്ന സമയത്ത് എന്തിനതത്വം പറഞ്ഞു അതിന് മറുപടി പറയുന്നത് അത് വേറൊരാളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും പറയുന്നു എന്ന് പറയുന്ന ഒരാൾ പറയണം നിങ്ങൾ എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നു എല്ലാവരും കൈക്കൂലി വാങ്ങുന്നത് കൊണ്ട് ഞാനും വാങ്ങും നിങ്ങൾ കള്ളം പറയുന്നു നാട്ടിലെല്ലാവരും കള്ളം പറയുകയാണെങ്കിൽ കള്ളം പറയുന്നു മോഷ്ടിക്കുന്നു എല്ലാവരും മോഷ്ടിക്കുന്നു ഞാനും മോഷ്ടിക്കുന്നു എന്ന് പറയുന്നവരെയാണ് അതൊന്നും ധാർമ്മികമായൊരു മറുപടി അതിനൊരു കുരുട്ട് ന്യായം ശരിയായ മറുപടിയില്ല മറ്റുള്ളവർ ചെയ്ത് ഞാനും ചെയ്യുന്ന പറയും അതിനെന്താ വ്യക്തി ഉള്ളത് കാരണം മറ്റും ഇത് തെറ്റാണെങ്കിലും തത്വം ഉപദേശിക്കുന്ന സമയത്ത് ആ പറയുന്നത് തെറ്റാണെങ്കിൽ ആര് പറഞ്ഞാലും ശരിയാണ് ശ്രീരാമനും പരശുരാമനും പറഞ്ഞാലും ശരിയാണ് ശ്രീകൃഷ്ണനും അർജുനനും പറഞ്ഞാലും ശരി അപ്പോൾ വേറെ ആൾ പറയുന്നു കൊണ്ടുവരുന്നത് തന്നെ അബദ്ധമാണ് എന്നാല് പറയും നിഷ്ടാത്യതികൾ തൽക്കാലം നിഷ്ടാധീതികൾക്ക് വേണ്ടി ഞാൻ അത് ശരിയായ രീതിയല്ല സാധാരണ ആൾക്കാർ പറയുന്ന രീതിയാണ് നിങ്ങൾ എന്തുകൊണ്ട് അനീതി ചെയ്യുന്നു മറ്റുള്ളവരെല്ലാം ചെയ്യും അല്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് അനീതിയുടെ ന്യായീകരമാണ് നിങ്ങൾക്ക് നീ നീതിബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ അനീതി ചെയ്യാൻ പാടുള്ളൂ അത്ര അല്ലെങ്കിൽ നീതി അനീതി എന്ന് പറയുന്നത് രണ്ടു ഭാഗം അർത്ഥമില്ലാത്ത നീതിബോധമുള്ള ചെയ്താൽ ചെയ്താലും ശിക്ഷിക്കണം അതാണ് ധർമ്മം ഇതൊരു പ്രശ്നം മറ്റൊരു ഗുരുതരമായ പ്രശ്നമുണ്ട് യും പണ്ഡിതനൊക്കെ തന്നെയാണ് പക്ഷെ ഈ രാമായണത്തിൽ ശ്രീരാമ പരശുരാമ സംവാദത്തിൽ ശരിക്കും ആ ഭാഗം വായിച്ചോക്കും മത്സരം പരശുരാമം വളരെ ദേഷ്യത്തോടുകൂടി വരും ആദ്യം ദശരഥം പോയി സമാധാനം പറയും ഈ ക്ഷത്രിയ വംശത്വം മുഴുവനും മുടിച്ച് ആയതപേക്ഷിച്ചയാളാണ് ഇപ്പോ നല്ല കാര്യം നടന്നു വരുമ്പോൾ ഒന്നും കൂടെ ചന്ദ്രമൊക്കെ ആയിട്ട് വരുന്നില്ല ഭയന്ന് പറച്ചാണ് ദശരഥം സംസാരിക്കുന്നത് മൈൻഡ് ചെയ്യുന്നത് അപ്പൊ ശ്രീരാമൻ തന്നെ പോയി സംസാരിക്കും ഇനി പണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്താണ് ഇരുപത്തൊന്ന് തവണ ലോകപൂർവ്വ ചുത്തി എന്നാണ് പുരാണങ്ങളെ പറയുന്നത് പക്ഷെ ഈ രാമായണത്തിന്റെ ആ കഥയെന്നും പറയുന്നു ചുറ്റി നടന്ന് ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്ന് ക്ഷത്രിയന്മാരെ കൊല്ലുക മാത്രമല്ല പുരാണങ്ങളിൽ പറയുന്നത് ക്ഷത്രിയന്മാരെ കൊന്നപ്പോ ക്ഷത്രിയ വംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗർഭിണികളായിരുന്ന ക്ഷത്രീയ സ്ത്രീകളുടെ വയറുകീറി അകത്തിരുന്ന ഭ്രൂണത്തെ അനുസരിച്ച് ആര് ഈ പരിസരം എത്ര നല്ല മറ്റു അനച്ചു ഇതുപോലുള്ള ദൈവങ്ങൾ നമുക്കെല്ലാം വേറെ ആർക്കും എന്നിട്ട് ഈ രക്തമെല്ലാം കൊണ്ടുവന്നതിൻ്റെ ഒരു എത്ര കുളം ഉണ്ടാക്കിയെന്നാ പറയുന്നത് ആ കുളത്തിന്റെ കണക്ക് ഇനി പോർമ്മയെന്ന് എത്രയോ കുളം ഉണ്ടാക്കി അതിലെല്ലാം അതുകൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതാണ് എത്ര നല്ല തർപ്പണം ഈ പിതൃക്കളൊക്കെ ട്രാക്കുളകളാണോ എനിക്കൊരു സംശയം ഈ രക്തം കൊണ്ടിങ്ങനെ തർപ്പണം ചെയ്യും അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പം നിങ്ങൾ ഇപ്പൊ ഉള്ളൂ തർപ്പണം അതിനിടയിൽ പരശുരാമന്റെ പേരൂടെ ഒന്ന് പരാമർശിച്ചിട്ടില്ലേ തർപ്പണ വിദഗ്ധന്മാർ പരശുരാമന്റെ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്തായിട്ട് കർമ്മം ചെയ്തത് രക്തം കൊണ്ട് ലോകത്തുള്ള ക്ഷത്രീയമാരുടെ രക്തം കൊണ്ട് തർപ്പണം ചെയ്തയാളാണോ അതുപോലെ മൃഗത്തായൊരു തർപ്പണം വേറെ ആരും ചെയ്തിട്ടില്ലെന്ന പറയുന്നത് ആർക്കും ചെയ്യാനും പറ്റത്തില്ല വിരക്തം കൊണ്ട് തർപ്പണം ചെയ്യുക ഭ്രൂണഹത്യ നടക്കുക ഇതൊന്നും രാമായണത്തിൽ ഇല്ല കേട്ടോ ഞാൻ രാമായണത്തിനു വർഷിക്കുന്ന പോലെ പരശുരാമന്റെ കഥ കിടത്തില്ല ഒരു കഥാപാത്രം മാത്രമാണോ അല്ല അതിനകത്ത് വേറെ കാര്യൊന്നുമില്ല ഞാനാ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു ഇതെല്ലാം ഓർത്തുകൊണ്ട് ശ്രീരാമം പരശുരാമനോട് പറയാം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അതിനൊരു ധ്യാമേക്ക് അംഗീകരിച്ചു അതുകൊണ്ട് ഇനിയിപ്പോ ഒരു പുതിയ ഓണത്തിന്റെ ആവശ്യ പരശുരാമോ പരശുരാമനെ ഉടക്കിയവ ഇത്രയൊക്കെ ചെയ്തു വീണ്ടും കലിയടങ്ങിയിട്ട് ഒരു ക്ഷത്രിയനങ്ങനെ പിന്നെ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഗർഭ ഭ്രൂണഹത്യ എല്ലാം നടത്തിയിട്ട് ഈ ദശരഥനൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് പുരാണത്തിൽ പറയുന്നത് അതെനിക്ക് വായിച്ചപ്പോൾ ഒരു സംശയം വന്നു ഉത്തരവ് അവിടെ ഓരോ ക്ഷേത്രന്മാര് ശേഷിച്ചു ഇരുപത്തൊന്നവണ അടങ്ങിട്ട് ഇവരെയൊന്നും എന്തുകൊണ്ട് കിട്ടിയില്ല ഏ എന്താണ് പുരാണമെന്ന് ഒരുപാട് എന്താണ് കൊല്ലം പുരാണങ്ങളിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ട് ഭാവം ചേരന്മാരി ചോളന്മാരി ഒക്കെ രാജകന്മാരെ കൊണ്ടുവന്നാണ് ഇത്രയും ക്രൂര കത്തി കേട്ടിട്ടില്ലേ ഇങ്ങനൊരു കഥ പരശുരാമന്റെ കഥ ഏ പരശുരാമന്റെ കഥ കേട്ടിട്ടില്ലേ ആ അത് നിങ്ങളത് ഈ കഥകളിൽ എടുക്കുന്നത് രാഷ്ട്രീയക്കാരിൽ നിന്നാണ് അവരത് ഈ കുറെയൊക്കെ പൊളിച്ചു വെച്ച് ഇന്ന് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ രാഷ്ട്രീയക്കാരിൽ നിന്ന് മാത്രമേ മതപ്രഭാഷണം കേട്ടിട്ടുള്ളൂ ഇവിടെ അങ്ങനെ ഒരാളായിരുന്നു ശരിക്കും ആവശ്യം എങ്ങനെയോ കഷ്ടകാലത്ത് തന്നെ ആർജവത്തോടെ സംസാരിക്കുന്നവർ നിങ്ങൾക്ക് കണ്ടിട്ടില്ല കണ്ടുമുട്ടിയിട്ടിട്ടില്ല കഥാ ആത്മീയതയിൽ അതൊന്നും ആവശ്യമുണ്ടെന്നാണ് അതിന് കാരണം കുറെ കാലമായിട്ടുണ്ട് എനിക്കങ്ങനെ ഒരു കാരണം എന്റെ എന്നോട് സ്നേഹമുള്ളവരൊക്കെ എന്നോട് പറയാനുള്ള സ്വാമിയുടെ ശൈലിയൊന്നും മാറ്റണം പറ്റില്ല അത് ഞാൻ ചാടും നടക്കുന്ന കാര്യം അതൊക്കെ നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നു രണ്ടു ആത്മീയതയിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്താണ് ആർജവം അതിനെയെങ്കിലും മനസ്സിലാക്കണം ഇത്തരം ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയെങ്കിലും ഉണ്ടാക്കിയപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇതിലോ വലിയൊരു പ്രസ്ഥാനമായി മാറി നാളെ ഈ പ്രസ്ഥാനം നിലനിർത്തണം നിലനിൽക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്താ വേണ്ട ഇവിടെ ആർജമുള്ള മനുഷ്യർ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഭാവി ഇപ്പോഴത്തെ കാര്യത്തിൽ ഇപ്പെല്ലാവരും വിശ്വാസത്തിലും ൊക്കെ മുമ്പോട്ടു പക്ഷെ ഭാവി കൃതം നടന്നു പോണോട് മനുഷ്യനുണ്ടാവും ഇല്ലെങ്കിൽ എത്ര വലിയ പ്രസ്ഥാനമായതിനുശേഷം ഇതൊക്കെ എന്താവും ആൾക്കാരുടെ പോക്കറ്റിന് അതുകൊണ്ട് ആർജവെന്ന് പറയുന്നൊരു ഗുണത്തെ നമ്മൾ ശീലിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കാപ്പട്ടി വീടാക്കുക വളർത്തിയ ശ്രമിക്കണത് അതുകൊണ്ടാണ് ഈ പറയുന്ന ആർജവത്തോടുകൂടി സംസാരിക്കണം ആർജവത്തോട് കൂടി ചിന്തിക്കണം പക്ഷെ ചിലപ്പോ അതിന് നഷ്ടങ്ങളും ഉണ്ടാകാം സാനമില്ല നിങ്ങള് ആർജവത്തിലൊരു സംതൃപ്തി കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നഷ്ടമായി തോന്നുന്നു നമുക്ക് നഷ്ടമായി പോകും ആ അതിരിക്കട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പരിശ്രാമിന്റെ കത്ത് നിങ്ങളിപ്പോ എല്ലാ പുരാണങ്ങളൊന്നും വായിക്കണ്ട പുരാണി എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നൊരു സാധനം പെട്ടെന്നാണെങ്കിൽ അതിനും പരശുരാമന്റെ കഥയെടുത്ത് വായിച്ചതാണ് ഈ ഞാൻ പറഞ്ഞാൽ അതാ തെറ്റാണ് ഞാൻ പറഞ്ഞിട്ടത് വളരെ സത്യസന്ധമായ എഴുതിയ അതൊരു ക്രിസ്ത്യാനി എഴുതിയോണ്ടാക ആൾക്കാരൊക്കെ സംശയിച്ചു അതെനിക്ക് അറിയില്ല അതെനിക്കറിയത്തില്ല അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അല്ല ഞാൻ ആദ്യം കേട്ടത് ഒരു ക്രിസ്ത്യാനി എഴുതി കൊണ്ടത് എന്തെങ്കിലും ഹിന്ദു വിരുദ്ധത അതിനകത്ത് ഉണ്ടാവുമെന്നൊക്കെ ആദ്യം സംശയിച്ചിട്ടുണ്ട് പക്ഷെ അത് വായിക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരുപാട് പേര് അത് പരിശോധിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ഒരു വരുമോ ആർഗം പുരാണങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ അറി എഴുതിയിരിക്കുന്നു അങ്ങനെ ഒരു മത്സരം ഉണ്ടായിട്ടില്ല പിന്നെ ഈ മനുഷ്യൻ മോഷ്ടിക്കാണോ എന്നോ അതെനിക്കറിയത്തില്ല അതുപോലെ ഒരു പക്ഷേ എന്താണോ ഈ ചിന്തയിൽ നിന്ന് വരുന്നതായിരിക്കും കാരണം ഹിന്ദുക്കളുടെ പുരാണത്തെ കുറിച്ച് ഇതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എഴുതുന്നു അങ്ങനെ എഴുതുമെങ്കിൽ അവൻ എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട് ഇതുകൊണ്ട് ഡോക്ടർ ഹിന്ദുക്കോട് ണ്ടാക്കിയപ്പോഴത്തേക്ക് വടക്കേ ഇന്ത്യയിൽ കരപാത്രിയെ പോലെയുള്ള ഒരു ചോദിച്ച് ഹിന്ദുക്കൾക്ക് കോടമുണ്ടാക്കുന്നത് ഞങ്ങളും ഇവിടെ ബ്രാഹ്മണനുണ്ടല്ലോ എന്തെങ്കിലും അവരെ ദടദനെ ലയിപ്പിച്ചത് അയാൾക്കെന്താ എന്ന് ലോകിച്ചതുപോലെയാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് എനിക്കറിയില്ല മോഷ്ടിച്ചു പിന്നെ പക്ഷെ ഈ പുരാണങ്ങൾ മൊത്തം മോഷണം അതെനിക്കറിയാം എന്തുകൊണ്ട് ഒന്നിനഴുകിരിക്കുന്ന വേറെ കഴുകിരിക്കും അതിന്റെ അടുത്ത് കഴുകുകയാണ് ഇത് ഇതിൻ്റെ അടുത്ത് കഴുകുകയാണ് അതൊന്നും പറയത്തുമില്ല അങ്ങനെ പറയാതിരിക്കുന്നതിനാണ് മോഷണമോ അത് ഓരോ പുരാണത്തിൽ നിന്ന് വേറെ അടുത്തെഴുതി റഫറൻസ് പറയുന്നത് നിങ്ങളെന്തെങ്കിലും പുരാണത്തിൽ റഫറൻസ് കണ്ടിട്ടുണ്ട് മോഷ്ടമാണ് മോഷ്ടിച്ചോന്ന് എനിക്കറിയത്തില്ല ഭാഷയെ മറ്റുമൊക്കെ സംഗ്രഹം ഇതിശ്രുധെന്ന് പറയും എന്നിട്ട് ശ്രുതി അവിടെ കാണിക്കുള്ളൂ ശ്രുതിയോ അതുപോലെ കാണിക്കും കാണിച്ചുണ്ടെങ്കിൽ മോഷണം അതെനിക്ക് കേട്ടോ അപ്പോ ഇവ രണ്ടൂരൂടെ സംഭാഷണം നടത്തുന്നു ഈ പരശുരാമൻ ഇത്രയൊക്കെ ചെയ്തയാള് വീണ്ടും എന്തിനു ആയുധം എടുത്തു നിശരഥം ചോദിക്കുന്നു പരശുരാമൻ അവർ മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും ആയുധമായിട്ട് വരുന്നു അപ്പോൾ രാമൻ ആ ബില്ലിങ്ങോട്ട് വാങ്ങി അത് അതുപോലേക്കും എന്നിട്ട് പരസ്യമിനോട് പറയുന്നത് നിന്നെനിക്ക് കൊല്ലാം നീ വിളിക്കുന്നു താങ്കടുന്നാണ് നിന്നെനിക്ക് കൊല്ലാൻ പറ്റും പക്ഷേ ബ്രാഹ്മണോ സീതി പുജോമീ നീയൊരു ബ്രാഹ്മണനാണ് അതുകൊണ്ട് നീ എനിക്ക് പൂജ്യനാണ് അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല രാമൻ രാമൻ അത്വതൻ ചെയ്യുന്നു അപ്പോ അപ്പോഴാണ് പരശുരാമന് മനസ്സിലായത് എന്നെ കൊല്ലരുത് എന്റെ തപസ്സിന്റെ ഫലങ്ങളെല്ലാം എടുക്കും എന്ന് രാമൻ അത് ചെയ്യുന്നു വീണ്ടും മഹേന്ദ്ര കുർമ്മതത്തിലേക്ക് തപസ്സിനായിട്ട് പോകുന്നു പരശുരാമൻ അപ്പൊ അവിടെ അപ്പോ പോകുന്നതിന് മുമ്പ് രാമൻ പറഞ്ഞതുപോലെ തന്നെ രാമൻ പരശുരാമൻ ഒരു പുഷ്പാഞ്ജലി സഹസ്രനാമവും ഒക്കെ ചെയ്യുന്നു പൂജ തന്നെ നടത്തുന്നുണ്ട് എന്ന് തന്നെ രാമായണത്തിൽ ഇന്നുകൊണ്ട് ബ്രാഹ്മണവും സീരി പൂജ്യവും ഇനിയും ബ്രാഹ്മണനാണ് കൊണ്ട് നിന്നെ ഇതിന് പൂജിക്കാനേ പറ്റും നിന്നെ കൊല്ലാൻ പറ്റും രാമായണ രാമായണത്തിന്റെ പ്രധാന സന്ദേശം ഇതാണ് എന്താണ് ബ്രാഹ്മണനാണോ ബ്രാഹ്മണനെ പൂജിക്കണം എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രധാന സന്ദേശം അങ്ങനൊരു സന്ദേശം അതിന് കിടക്കുന്നതുകൊണ്ടാണോ അതിന് ഇത്രയും പ്രചാരം കിട്ടുന്നത് അല്പരാമായണത്തിനും കൂടെ പരാമർശിച്ചിട്ട് പോവാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇത്രയും പ്രചാരം കിട്ടാൻ കാരണം അതാണ് എന്തായാലും അതുപോലെ അവിടെ ആ സമയത്ത് ഈ പരാജയം സംഭവിക്കുമ്പോൾ പരശുരാമൻ പറയുകയുള്ളത് ഈ ത്രൈലോക്യനാഥനാണ് മധുസന്താവാ വിഷ്ണുവാണ് നാരായണനാണ് അവതാരമാണ് ഇങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളൊന്നും മധുസന്ധാവ ത്ര ത്രൈലോക്യനാഥനാണെന്നുള്ള പരശുരാമൻ ശ്രീരാമന് വിഷ്ണുവിന്റെ അവതാരമായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാം പരാജയം സംബന്ധിച്ച് പോകുന്നത് ഇനി ശ്രീരാമന്റെ സംഭാഷണത്തിൽ ശ്രീരാമൻ ഒരിക്കലും പരിശ്രാമില്ല വിഷ്ണുവിന്റെ അവതാരമായി അഭിസംബോധന ചെയ്യുന്നില്ല പറയുന്നില്ല പരിഗണിക്കുന്നേല്ല ശ്രീരാമൻ പരശുരാമൻ കൊടുക്കുന്ന ഒരേ ഒരു പരിഗണന ബ്രാഹ്മണ ജാതി എന്നുള്ള പരിഗണന നീ ബ്രാഹ്മണനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പൂജിക്കുന്നു അല്ലാതെ നീ വിഷ്ണുവിന്റെ അവതാരമാണ് അങ്ങനെ ഒരു സംഭവം രാമായണത്തിൽ ഇല്ല എന്ത് പരശുരാമൻ വിഷ്ണുവിന്റെ അവതാരമാണ് അങ്ങനെ ഒരു സംഭവം രാമായണത്തിൽ ഞാൻ നോക്കിയടത്തൊന്നും കണ്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നില്ല പരശുരാമ സ്വയം ഞാനും നിന്നപ്പോലൊരവതാരമാണ് അങ്ങനെ പറയുന്നില്ല പരശുരാമനോട് സംസാരിക്കുന്ന ദശരഥനം നീ വിഷ്ണുവിന്റെ അവതാരമാണ് പറയുന്നത് അവിടെയെല്ലാം ബ്രാഹ്മണനാണ് പൂജ്യനാണെന്നുള്ള ഒരൊറ്റ ഇതേ രാമായണത്തിനോ അല്ലാതെ അവതാരമാണ് എന്നുള്ളത് മറ്റു പുരാണങ്ങളിലും അപ്പോ പരശുരാമൻ ബ്രാഹ്മണനായതുകൊണ്ട് ക്ഷത്രിയനായ രാമന് പൂജ്യനാണ് ശ്രീരാമൻ അവതാരമായതുകൊണ്ട് അവതാരമാണ് എന്നുള്ളതുകൊണ്ട് പരശുരാമൻ ശ്രീരാമനെ അംഗീകരിക്കും ഇതാണ് രാമായണത്തിന് എന്ന് വെച്ചാൽ രാമായണത്തിൽ പരശുരാമനും ശ്രീരാമനും പരസ്പരം വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇനി എന്ന് സംസാരിക്കുന്നു എന്നാണ് വെങ്കടനാഥൻ പറയുന്നത് അത് രാമായണമനുസരിച്ച് അങ്ങനെ അറിയാം രാമായണിടുത്ത് തങ്ങുന്ന ഒരു കാര്യമില്ല നിങ്ങൾ രാമായണം പാൽമീ രാമായണോട് വായിച്ചു നോക്കുക അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിവിടെ അത് അറിഞ്ഞാൽ കൊള്ളാം പിന്നെ എന്തുകൊണ്ട് ഈ വേണ്ടനാഥൻ എഴുതിയം വലിയ പണ്ഡിതനാണ് അനു പറയുന്നത് കൊഗ്നെറ്റീവ് ബയാസ് ധാരണാപക്ഷ ഭാഗത്ത് ചില മുൻവിധികളല്ലാത്ത മനസ്സിനും കാരണം പരശുരാമൻ അവതാരമാണ് എന്ന് പലയിടത്തും പറഞ്ഞു ദിശാവതാരത്തിൽ പരശുരാമനെ ഉൾപ്പെടുത്തി രാമൻ അവതാരമാണെന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയം ഇത് പലയിടത്തും ഉള്ളത് കൊണ്ട് രാമായണത്തിനും ഇവർ പരസ്പരം അവതാരമാണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നു എന്നൊരു ധാരണ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നുപോയി ബുദ്ധിയുള്ള എല്ലാവർക്കും വരുന്നതാണ് ഈ ധാരണ പക്ഷപാത അതായത് സാറിന് മനുഷ്യനെ ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് പൊതുവെ മനുഷ്യര് ഒരു ഒന്നേഴ് ശതമാനം ദുർബല മനസ്സുകൾ ഈ ദുർബല മനസ്സുകൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു വിശ്വാസത്തെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് ഈ മതങ്ങളെല്ലാം നിലനിൽക്കുന്നതും വിശ്വാസങ്ങളും നിലനിൽക്കുന്നതും എല്ലാം ദോഷം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതുകൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ടാണ് അതിനെ എത്ര എതിർത്താലും അത് പറഞ്ഞാലും മനുഷ്യന് ആർക്കും അവന്റെ വിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയില്ല അവന്റെ മനസ്സ് ദുർബലമായിരിക്കുന്നിടത്തോളം അവൻ അത്തരം വിശ്വാസങ്ങളെ അവലംബിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ അതീന്ദ്രിയമായ വിശ്വാസങ്ങളുണ്ടാവും അതീന്ദ്രിയ ശക്തികളുടെ വിശ്വാസം അത് മനുഷ്യന്റെ ഘടന മനസ്സിന്റെ ഘടനയുടെ ഒരു ഭാഗമാണ് അത് എങ്ങനെ മനുഷ്യന് രൂപപ്പെട്ടു ഒന്നുമാണ് വന്നു എന്ന് മനസ്സിലാകണം ഈ എവല്യൂഷൻ ബയോളജി കുറിച്ചുള്ള പ്രാഥമിക ജ്ഞാനം ഒരുപാടൊന്നും പഠിക്കുന്നു മനുഷ്യൻ്റെ എങ്ങനെയാണ് അങ്ങനെ ഒരു അതീന്ദ്രിയ വിശ്വാസം മനുഷ്യന്റെ രൂപപ്പെട്ടു അതിൽ നിന്നത് മനസ്സിലാവും അതിനൊരു ഞായ്മരീരമില്ല സ്വയം പഠിക്കുക അത് മനുഷ്യന് അത് അംഗീകരിക്കുന്നുണ്ട് മനുഷ്യനങ്ങനെ ചില വിശ്വാസങ്ങളിൽ പിടിച്ചേ മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് മതങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു എത്ര കാലം മനുഷ്യൻ മനസ്സ് ദുർബലമായിരിക്കും അത്രയും കാലം അതെല്ലാം അങ്ങനെ തന്നെ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടേ അതിന്റെ അതിനൊന്ന് വെടിവെക്കാൻ ശ്രമിച്ചാലും നടക്കത്ത അത് കഴിയില്ല മനുഷ്യനാലും കഴിയില്ല അവര് വിശ്വാസത്തിന് പോകാം പക്ഷെ ഇതിനകത്തൊരു അപകടം എന്താണ് അപകടം വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് വഴി മാറിക്കഴിഞ്ഞാൽ അതിന് വരുന്ന അപകടം എന്താണ് അപകടം നരപരി വരപ്പ് നരബലിയൊക്കെ അതൊക്കെ പഴയ കാര്യങ്ങളായിട്ട് അതിലും സംഭവിക്കുന്നു നമ്മളെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സംഭവിക്കുന്നുണ്ട് ലോകം പോലും സംഭവിക്കുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്ത് സംഭവിക്കുന്നു അതാണ് അതിന്റെ അപകടം ആ അപകടത്തെ പറയാം എന്താണ് സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക അങ്ങനെ ഒരു അവസ്ഥ ലഭിച്ചത് അപ്പോ സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ നിന്ന് പോയാൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരുപാട് ചൂഷണങ്ങൾ പിന്നെ അതാണ് തന്നെ അന്ധവിശ്വാസത്തിന്റെ കുഴപ്പമത അവനൊരിക്കലും തിരിച്ചറിയാനുള്ളത് അതാണോ അവൻ നേരം ചെല്ലിയിലൊക്കെ ചെന്നപ്പെടുന്നത് അത് അതിന്റെ ദോഷം അത് വരാതിരിക്കുക വിശ്വാസം ആവശ്യമായ മനസ്സിലുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോകണം അതുകൊണ്ടാണ് പൊതുവെ ആരും വിശ്വാസത്തെ അനുഷേരിക്കാറ് വിശ്വാസം അങ്ങനെ പോകേണ്ടത് മനസ്സിന് കുറച്ച് ബലമൊക്കെയുണ്ട് ബുദ്ധിശക്തിയൊക്കെയുണ്ട് ചിന്താശേഷിയുണ്ട് വിമർശനാത്മകമായ ബുദ്ധിയാം തീഷ്ടമായ ബുദ്ധിയാം ഐക്യമൊക്കെ വളരെ കൂടുതലാണ് ഇനി ജീനിയസെന്നായിക്കൊള്ളക്കെ അവർ ചിന്തിച്ച അടക്കം കൂടിയാണ് ധാരണാപക്ഷപാതം ബയാസ് അതിചന്ദിച്ചത് കാരണം എത്രയൊക്കെ ബുദ്ധിയുണ്ട് എത്രയൊക്കെ ചിന്താശേഷി ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ ചില ധാരണകളിൽ നിന്നും സ്വയം മോചിക്കാൻ വേണ്ടിയിട്ടില്ല ഇത് കേവലം ഒരു വ്യക്തിപരമായ പ്രശ്നമാണ് കാരണം എന്തുകൊണ്ട് അതിന് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഗ്രൂപ്പ് ബയാസ് എന്ന് പറയുന്നത് തരണപക്ഷപാത പഠിച്ച അവിടെ മനസ്സിലാണ് ഇൻഗ്രൂപ്പ് ബയാസ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ എല്ലാ ശരിയാണ് ഒന്നും അതിന് കളയാനില്ല മുസ്ലിമിന് മുസ്ലിമിന്റെ എല്ലാ ശരിയാണ് അതിനൊന്നും കളയാനില്ല ഒരു ഹിന്ദുവിന് ഹിന്ദുവിന്റെ എല്ലാ ശരിയാണ് അതിൽ തന്നെ ഒരു ജൈനന് ജൈനന്റെ എല്ലാ ശരിയാണ് അവര് മുടി വലിച്ചു പറിക്കുന്നതും തുണിയില്ലാതെ ജീവിക്കുന്നതും ഒക്കെ അവർക്കെന്താണ് നൂറ് ശതമാനം ശരിയാണ് ബൗദ്ധന്മാർഗം താണോ അവരുടെ എല്ലാ സ്ഥലം അദ്വൈതിയായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരം അദ്വൈതം പഠിക്കുന്നു മുഴുവൻ അദ്വൈതമെന്ന് നോക്കി ശരിയാണ് എന്തൊരു ഉപയാസ എന്നുവെച്ചാൽ അദ്വൈതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തിയാലും നമ്മുടെ എല്ലാ പ്രതിഭയും ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യും ഒരു പോരായ്മയിൽ നിന്ന് കണ്ടു താനും തളി കളയാനും ഇരിക്കാൻ കഴിയും തണിപ്പോ കാരണം നമ്മുടെ ആ ഗ്രൂപ്പിന്റെ ഒരു വ്യക്തിത്വം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും ആ ഗ്രൂപ്പിനൊപ്പം പോകാനേ പറ്റും ഏ കേട്ട് അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് വരും പക്ഷെ ഇത് വേറൊരു വിഷയമോ ഇത് കൊമ്യൂണിറ്റിയും പയാസം പറയുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പല പല പല തരത്തിൽ നമ്മളിൽ ലഭിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും അപ്പോൾ അതിന് എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയ ഞാനും കടന്നു പോയിട്ടുള്ള ഈ ധാരണാപക്ഷ പാലിപ്പും ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഒന്നാണ് പക്ഷെ ഞാൻ കടന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴല്ല ഞാനതിനെ തിരുത്താൻ ശ്രമിച്ചു അങ്ങനെ ഒരു ധാരണാപക്ഷപാതത്വം ഞാൻ പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പക്ഷെ ഞാൻ മറന്ന് അറിയുമ്പോൾ ഞാൻ അത് ശ്രമിച്ചു ഇപ്പോഴൊന്നുമല്ല ഇവിടെ ഞാൻ ഈ അദ്വൈതം നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ എന്റെ എന്താണോ എന്റെ ഗുരുനാഥം പഠിപ്പിച്ച അതല്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് കാരണം എന്തുകൊണ്ടല്ല ആ ധാരണാപക്ഷപാധിത്വത്തിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് എന്ന് അദ്വൈതത്തെ അതിന് ഞാൻ മനസ്സിലാക്കിയ തരത്തിൽ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനകത്ത് പോകുന്ന ജാതുക്കളുടെയും സ്ത്രീ വിരുദ്ധത പോലെയുള്ള എന്താണ് ഒരു ഇൻഗ്രൂപ്പ് പയാസിന്റെ പേരിൽ അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് അത് ബോധ്യമുള്ള കാര്യമാണ് അപ്പോ അത് അത് പക്ഷെ നിങ്ങളൊരു ഇൻഗ്രൂപ്പ് പയാസിൽ വിടുകയാണെങ്കിൽ ൊരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് അത് ബോധ്യം ഉണ്ടാകും നിങ്ങൾക്ക് ബോധ്യം വരില്ല അതാണ് പ്രശ്നം നിങ്ങൾക്ക് തിരുത്താനും പല വിഷയം അദ്വിതത്തിന്റെ പല പ്രക്രിയകളും ഞാൻ എന്നെ പഠിപ്പിച്ച് എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ച പല പ്രക്രിയകളും ഞാൻ തട്ടികളഞ്ഞിട്ടുണ്ട് ഞാൻ സ്വീകരിച്ചിട്ടു എന്തുകൊണ്ട് എങ്കിലും പ്രയാസങ്ങളും സ്വതന്ത്രനാവുക എന്ന് പറയുന്നത് ഞാൻ അറിയോ അറിയാതെയോ എൻ്റെ ഉടൻ അങ്ങനെ ഒരു ബോധം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതൊക്കെ എന്നോട് പത്ത് പെടാൻ കഴിയാത്ത അവരുടെ പ്രാകം ചെയ്യാത്ത ബോധം ഇല്ലാത്ത എനിക്ക് എല്ലാ ബോധവും ഉണ്ടെന്നുള്ളതല്ല എനിക്കുള്ള ബോധത്തെക്കുറിച്ച് പറയുകയാണ് ഇപ്പോ എന്തുവരുന്നോ നമ്മളാൽ എന്തുകൊണ്ടും പയസപ്പെട്ടിരിക്കുമ്പോൾ അദ്വൈതം പൂർണ്ണമായും ശരിയാണ് അതിനകത്ത് ഒരു വിശദുമില്ല അതുപോലെ തന്നെ വിഷ്ടാത്വനും പൂർണ്ണമായും അബദ്ധമാണ് അതിനകത്തും ഒരു ശരിക്കും ഇല്ലാത്ത കാരണം ഈ ആചാര്യന്മാരെല്ലാം ഈ രണ്ട് ബയാസങ്ങൾ എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ബയാസം അതുകൊണ്ട് വെങ്കടനാഥൻ പറയുന്നത് കാണാൻ ഈ രാമാനുജാചാര്യ പറയുന്നത് മുഴുവൻ അബദ്ധമാണ് അങ്ങനെ പറയും അതെന്തെങ്കിലും ഒന്നുമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ധാരണയാണ് ഇവിടെയൊക്കെ അദ്ദേഹം രാമ പരശുരാമനെയും ശ്രീരാമനെയും അവതാരമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ രാമായണത്തിൽ രണ്ടുപേരും സംസാരിക്കുമ്പം രണ്ടുപേരും പരസ്പരം ഒരേ വിഷ്ണുവിന്റെ അവതാരമാണ് മനസ്സിലാക്കി സംസാരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ധാരണ അതൊരു ധാരണാപക്ഷപാതിത്വമാണ് അങ്ങനെ ഒന്നും രാമായണത്തില്ല ഇതാണ് ഞാൻ പറയുന്നത് മനസ്സിലായത് മനസ്സിലായത് അന്ന് രാമായണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾക്ക് ഈ നമ്മൾക്ക് ഈ ധാരണാപക്ഷപാതിത്വത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നമുക്ക് എന്ത് വേണം എന്തുകൊണ്ട് കരകയറും എവിഡൻസ് ഇവിടെ എവിഡൻസ് തെളിവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് രാമായണത്തിൽ തന്നെ ഞാൻ രാമായണത്തെ വിമർശിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ എങ്ങനെ വിമർശിക്കുമ്പോൾ എവിഡൻസിന്റെ അനുസരിച്ച് എനിക്ക് അതിനെ വിമർശിക്കുന്നതിനുള്ള എവിഡൻസ് എന്താണ് രാമായണത്തിന് അതെന്നും കൊണ്ട് അല്ലാതെ എന്താണ് നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് രാമായണത്തെ വിമർശിക്കുമൊക്കെ എന്തുവേണ്ടി വരും അനുകൂലിക്കണമെങ്കിലും വിമർശിക്കണമെങ്കിലും മതപ്രഭാഷണം കിട്ടി എനിക്കെന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് രാമായണം വായിച്ചാൽ എനിക്ക് കുറെയൊക്കെ മനസ്സിലാവും എന്താണ് ഞാൻ കരുതൽ മംഗളങ്ങൾ കരുതലുണ്ടോന്നറിയും അപ്പൊ എനിക്കൊരു മൂന്നാമനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല കാരണം അതിനുവേണ്ടി ഞാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ സംസാരിക്കുന്ന എവിഡൻസ് ബേസ്ഡായി അത് യാതൊരു സംശയവും വേണ്ട എവിഡൻസ് മാറില്ല മാറിയ എന്റെ അഭിപ്രായം എവിഡൻസ് മാറിയ എന്റെ അഭിപ്രായം ഒരു സംശയം വേണ്ട അത്രയും സംഭവിക്കുന്നു അല്ല നിങ്ങള് എനിക്ക് പ്രത്യേകിച്ചൊരു അജണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ പക്ഷത്തുനിന്ന് ഇവിടെ രണ്ടു രാഷ്ട്രീയമാണോ ഉള്ളത് ഒന്ന് ഇടത് മറ്റൊന്നും ഞാൻ ഈ രണ്ടു പക്ഷത്തിന്റെയാണ് ഞാനെന്ന് ഏതാണ് ഞാൻ നേർപക്ഷം നിവർന്ന് സംസാരിക്കുന്നവരോ ഒരു സൈഡിലേക്ക് ചരിയ ചായ ഇടത്തോട്ടും ചരിയില്ല പരത്തോട്ടും ചെയ്യണം അങ്ങനെ നോർന്നൊന്ന് സംസാരിക്കാനും ചിന്തിക്കാനും കൂടെ മനുഷ്യൻ പഠിക്കണം അങ്ങനെ നോർന്നു സംസാരിക്കണമെങ്കിൽ എന്ത് വേണം മനുഷ്യന് ഈ പറയുന്ന ബയാസുകൾ പാട് ഒബിനിറ്റീവ് ബയാസുകൾ പാടുണ്ട് അതെന്താണ് അങ്ങനെ എന്തിനങ്ങനെ ചിന്തിക്കുന്നു ചോദിക്കും അവിടെയുണ്ട് എന്റെ ജീവിതത്തിന്റെ ചാരിതാർത്ഥ്യം അവിടെയുണ്ട് അതിനാണ് ഞാൻ എന്റെ ചാരിതാർത്ഥ്യം അതിനാണ് അത് ഒരിടത്തും ആർക്ക് വേണ്ടിയും പണയം വേണ്ടിയുള്ള പ്രശ്നമേ കുറച്ച് ദൃഷ്ടമായിരിക്കും ചിലപ്പോൾ രൂക്ഷമായിരിക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉപേക്ഷിക്കാമെന്നുള്ളവയോ ഞാൻ എന്റെ നിലപാടുകൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അതാണ് എന്റെ അസ്തിത്വം അതാണ് എന്റെ നിലനിൽക്കുന്നത് ഞാൻ അതിനാണ് ജീവിക്കുന്നത് അത് മാറ്റാൻ പറ്റും എന്തുകൊണ്ട് അതാണ് സ്വാതന്ത്ര്യം അതിനാണ് മുക്തി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചു മുക്തിക്കൊക്കെ ഓരോന്നും ഓരോ വ്യാഖ്യാനങ്ങളാണ് എന്നെ സംബന്ധിച്ച് അതിനു പറയും അതുകൊണ്ട് എന്താണ് നമ്മള് ധാരണാപക്ഷപാതത്വമില്ല അതുകൊണ്ട് ഇദ്ദേഹം ഈ വെങ്കടനാഥനെന്ന് പറഞ്ഞാചു അത് ധാരണാപക്ഷപാതത്വത്തിൽ പെട്ടുപോയിന്നും ഞാൻ മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വായിച്ചു അതുകൊണ്ട് അദ്ദേഹം പറയുന്നു രാമനും ശ്രീരാമനും പരശുരാമൻ രണ്ട് രാമന്മാരാണത് ഒന്ന് ശ്രീരാമൻ മറ്റൊന്ന് പരശുരാമൻ നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നീ എന്ന് സംസാരിച്ചു ദ്ദേഹം എവിഡൻസ് ആയിക്കൊണ്ടുവരുന്നത് എന്തിനാണ് അതുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞ് സംസാരിക്കാം അതിന് പല പ്രശ്നങ്ങളും ഉണ്ട് കാരണം ശ്രീകൃഷ്ണന് സംസാരിക്കുന്നതിന് രാമൻ സംസാരിച്ച് തെളിവായി കൊണ്ടുവരേണ്ടവർ ആവശ്യ ശ്രീരാമനെ പോലെ തന്നെ പൂർണ്ണനാണാലും ശ്രീകൃഷ്ണൻ പിന്നെ എന്തിനാ രാമൻ സംസാരിച്ചുകൊണ്ട് ഒരാളനുസരിച്ചു കഥകളനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കഥകൾ അനുസരിച്ച് അത് സംസാരിക്കാൻ പറ്റില്ല അവർ ഒന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗത്തിൽ ഒരു കഴിവുമില്ല രാമൻ പരശുരാമനെ സംസാരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ അഭ്യന്തരനോട് ഞാൻ ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ് പക്ഷെ അദ്ദേഹം വലിയൊരു പണ്ഡിതങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ധാരണാപക്ഷപാതത്തെ സംഭവിച്ചത് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം രാമായണം വായിച്ചിട്ട് പറഞ്ഞാൽ സമയം എങ്ങനെ ഏത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും ഞാൻ പറയുന്നത് മനസ്സിലാകും പറഞ്ഞില്ലേ ചോദ്യം എന്നോ എനിക്കോ ചോദ്യം ഞാൻ കൂടെ പറയാം ചോദ്യം ഞാൻ പറഞ്ഞത് എന്താണ് ശ്രീകൃഷ്ണന് തനിക്ക് പറയുന്നതിനു വേണ്ടി വേറൊരാള് ഇന്നത് പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെയാണോ എന്തെങ്ങനെയാണ് ഞാൻ എന്നാരിക്കൂടെ ഞാൻ പറയാം അതായത് ശ്രീകൃഷ്ണൻ ഞാൻ അങ്ങനെയു പറഞ്ഞു അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ ആചാര്യം ശ്രീരാമന്റെയും കരശുരാമന്റെയും സംഭാഷണം കൊണ്ടുവന്നത് എന്താണ് അത് ആവശ്യമില്ലാത്തതാണ് ഞാൻ പറഞ്ഞു ശരിയല്ലേ ആ വേറെ വേറെ ആൾക്കുന്നത് എന്താണ് ശ്രീരാമൻ വേറെ ആളെന്ന് പറയാൻ ഉദ്ദേശിച്ചത് ശ്രീരാമനും കരശുരാമനുമാണ് അത് വേറെ ആണെന്ന് പറയുന്നത് ഞാനെന്താ പറഞ്ഞത് ഈ ആചാര്യൻ പറഞ്ഞാണ് അല്ല ആചാര്യൻ എന്ത് പറഞ്ഞു എന്നുള്ളത് വായിച്ചെങ്കിലേ അറിയാവും കേട്ട നിങ്ങൾക്ക് അറിയാവും നോക്ക് ഈ ആചാര്യൻ അവിടെ എന്തെഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് വായിച്ചിട്ടുണ്ടാകും ആ ഞാൻ പറഞ്ഞു നല്ലതാണ് എന്താണ് ആചാര്യം എഴുതിയിരിക്കുന്നത് എന്താണ് ശ്രീകൃഷ്ണൻ എന്താണ് മറ്റൊരവതാരമായ മനസ്സിലായത് വേരാളെന്ന് വെച്ചാൽ മറ്റൊരവതാരമായ പരശുരാമന്റെയും ആ പരശുരാമന്റെയും ശ്രീരാമന്റെയും സംഭാഷണങ്ങളെ എന്തെയോ സംഭാഷണങ്ങളെ ഉദാഹരണമായിട്ട് എന്താണ് അതൊരു മറ്റൊരവതാരെന്ന് പറയുന്നത് ഞാനുണ്ട് ഈ വ്യാഖ്യാനം എഴുതിയാണ് അന്നെങ്കിലെ അവതാരമെന്ന് പറയാൻ പറ്റുമോ അത് തന്നെ ഞാൻ അതൊക്കെ ഞാൻ സമ്മതിക്കുന്ന കാര്യമാണോ ഏ അതെ അതാ പ്രസവം എഴുതിയിരിക്കുന്നത് വേറൊരാളിന്റെ ഒരു ഉദാഹരണം എടുക്കുന്നു പറയുന്നത് ശ്രീകൃഷ്ണന് മറ്റൊരവതാരമായ എന്താണ് മത്സ്യത്തിന്റെയോ കുടുംബത്തിന്റെയോ വരാഗത്തിന്റെ എന്ത് പറയുന്നു ശ്രീകൃഷ്ണൻ അവതാരത്തിൽ നോക്കേണ്ട എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ സ്വയം അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്താണ് നമ്മുടെ പുരാണ വിശ്വാസമനുസരിച്ച് ഓരോ അവതാരങ്ങളും സർവജ്ഞന്മാരാണ് ഒരു സർവജ്ഞന് മറ്റൊരു സർവജ്ഞൻ്റെ അടുത്ത് എന്താ താങ്കളുടെ അഭിപ്രായമുള്ള പരിഗണിക്കേണ്ട ആവശ്യം ഇതാണ് ഞാൻ പറഞ്ഞത് സർവജ്ഞ രണ്ട് സർവജ്ഞന്മാരും കണ്ടുകൂട്ടിക്കഴിഞ്ഞാൽ പരസ്പര സംശയം തീർക്കും തീർക്കും ഇവിടെ അദ്ദേഹം പറയുന്നു തർക്കം പറയുന്നു ശ്രീകൃഷ്ണൻ സർവജ്ഞനാണ് കർപ്പിച്ചും പറയുന്നു സർവജ്ഞനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്താണോ മറ്റയാളിങ്ങനെ പറഞ്ഞു അതായത് സർവജ്ഞനായ ശ്രീകൃഷ്ണൻ പറഞ്ഞ് ഒരു കാര്യം തന്നെയും മറ്റൊരു സർവജ്ഞൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊണ്ടുവരേണ്ട കാര്യം എന്താണ് കാരണം സർവജ്ഞൻ കൂട്ടനാണ് ഒന്നാണെങ്കിൽ പിന്നെ എല്ല ഒന്നാണ് അത്പജ്ഞനും ഈ ഭഗവാൻ തന്നെ അർജുനനും ഭഗവാൻ തന്നെ അവിടെ അദ്വൈതത്തിലേക്ക് പോയാൽ ശരിയാവും ഏദ്വൈതത്തിൽ ഇഷ്ടാദ് ചോദിക്കുന്ന എന്താണ് ഇഷ്ടാന്തി എന്ന് പറയുന്നത് അദ്വൈതത്തിൽ ഇങ്ങനെ ഒരു കാര്യം അദ്വൈതി പറയുന്ന സംഭാഷണത്തിന്റെ കാര്യമല്ല നിഷ്ടാദ്വതി പറയുന്ന ഇതാണ് തത്വത്തെ ഉപദേശിക്കുന്ന ഒരാള് ധർമ്മത്തെ പറയാൻ പാടില്ല ധർമ്മ ഉപദേശം പാടില്ല അതിന് മറുപടി പറയാനുള്ള തത്രപ്പാടിലാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് അല്ലാതെ സംഭാഷണത്തിന്റെ കാര്യത്തിലല്ല ഇവിടെ പ്രശ്നം സാമാനുചാര്യ എന്ന് പറയുന്നത് ഭഗവാൻ സർവജ്ഞനാണ് തത്വം ഞാൻ ഉപദേശിക്കുമ്പോൾ തത്വമല്ലാത്ത കാര്യം പറയാൻ പാടില്ല ഇതാണ് പറയുന്നത് അദ്ദേഹം അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴിയെ സഞ്ചരിച്ചു പോയതാണ് നേരിട്ടൊരു മറുപടി പറയാൻ കഴിയാത്തത് ഞാൻ ഇത് വായിച്ചു വിശദീകരിച്ചതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതും ഇപ്പോഴും പറഞ്ഞതും മാറും വരെ പറയുന്നു എന്നാണ് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്നാണ് പറയുന്നില്ല ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാതെ ചോദ്യം അങ്ങനെ വെച്ചാൽ ഞാൻ ഇന്ന് വെള്ളമെന്ന് പറയും ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതായത് ഞാൻ നീ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല ഭേദം ഭേദം അതാത്വികമാണ് ഭേദത്തായി ഭഗവാൻ പതി ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യമാണ് ഏങ്കടനാഥൻ എന്ന് പറയുന്ന പക്ഷത്തു നിന്നുകൊണ്ട് എന്താണ് ഇവിടെ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഒന്ന് ഞാൻ ഈ നന്തിന് പറഞ്ഞു തത്ത്വത്തെ ഉപദേശിക്കേണ്ട സമയത്ത് എന്തിനാ അതത്വത്തെ ഉപദേശിച്ചു ആ ഭേദം എന്ന് പറയുമ്പോൾ അതെല്ലാം നേരത്തെ മൂന്ന് മറുപടി പറഞ്ഞു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ മൂന്ന് മറുപടി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട എന്തൊക്കെയാണ് ആ അതുപോലെ രാമായു പൂർണ്ണാജ്ഞാന് രണ്ടാമ അത്രയും മതി രണ്ടാമത്തത് ആ അത് ശരിയാണ് രണ്ടാമത് ഇനി ഒന്നുകൂടെ ആ കോട്ടെ അത് പോട്ടെ അതുപോലെ എന്താണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതാ മൂന്നാന്ന് പറഞ്ഞാൽ അനുവാദത്തിൻ്റെ കാര്യം ഭേദ അനുവാദം വേദത്തെ അനുവാദം ചെയ്ത് അത്വൈതത്തെ ഉപദേശിക്കുന്നത് വേദത്തെ അനുവാദം ചെയ്ത് നിഷ്ടാഭയത്തെ ഉപദേശിക്കുന്നത് പറയും ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് മലയാള ഭാഷയിലാണ് അത് പൂർണ്ണമായും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭാഷയുടെ തടസ്സമുണ്ടെന്ന് ചെയ്യുന്നു അങ്ങനെ സംഭവിക്കും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് അതില്ലാതെ എല്ലാം പക്ഷെ ഭാഷ എന്ന ഒരു ചരി ചതി അതായിരിക്കാം അവർ പക്ഷേ പ്രശ്നം അതെയതെ അതായത് ചോദ്യം എന്താണ് ശ്രീകൃഷ്ണൻ എന്താണ് പൂർണ്ണ അവതാരമാണ് സർവൈനാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഉപദേശിക്കുന്ന എന്തുകൊണ്ട് മറ്റൊരവതാരമായ രാമനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മനസ്സിലായി അപ്പോ എന്നാണ് അതല്ലേ പറയുന്നു അതേ ഇതേ ഭഗവാൻ വിളിച്ചാൽ അത്ര അവതാരമാണ് നമുക്ക് തത്വത്തില് രണ്ടും വിഷ്ണുവാണ് പക്ഷെ അത് മറ്റൊരവതാരമാണ് അല്ലെങ്കിൽ ഉദാഹരണം കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഒരു ഉദാഹരണം കൊണ്ടുവന്നിരുന്നു ഏതെങ്കിലും തരത്തിൽ ഭേദമില്ല അഭേദം മാത്രമാണെങ്കിൽ അത് എന്താണ് ബ്രഹ്മത്തിന് ഉദാഹരണമില്ല എന്തുകൊണ്ട് ബ്രഹ്മഭിന്നമായ ഒന്നുമില്ല ഒരു ബ്രഹ്മഭിന്നമായി വേറെ ബ്രഹ്മുണ്ട് അതുപോലെ കേവലം വിഷ്ണു എന്ന് പറയുന്ന ഒരു തത്വത്തെടുക്കുകയാണെങ്കിൽ എന്താണ് രാമനും കൃഷ്ണനും എല്ലാം ഒരേ ഒരു വിഷ്ണു ആണ് അപ്പം ഉദാഹരണം കൊണ്ടുവരാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിൽ ഒരു ഭേദം ഉണ്ടെങ്കിൽ മാത്രമേ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റൂ അപ്പോ ശ്രീകൃഷ്ണ അവതാരം ഒന്ന് വേറെയാണ് രാമാ അവതാരം വേറെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഒരു പ്രവൃത്തിക്ക് രാമാ അവതാരത്തെ എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ പറയാൻ ശ്രമിക്കുന്നത് അല്ല രണ്ടും ഒന്നായി എന്ന് പറയുന്നത് കൊണ്ട് ഉദാഹരണം എടുക്കാൻ പറ്റുമെന്നാണോ പറ്റൂലെന്നാണോ ആദ്യമതായി ചിന്തിക്കേണ്ടത് അതെന്താ അത് ശരിയാണല്ലോ അതും ഭഗവാൻ തന്നെയാണ് മനസ്സിലാക്കുക അപ്പൊ നമ്മളെന്തുകൊണ്ട് ദശ അവതാരം എന്ന് പറയുന്നു അവിടെ ഒരേ ഒരു വിഷ്ണു ആണെങ്കിൽ അവതാരം എന്നുള്ള നിലയ്ക്ക് ഉപാധി ഭേദവും ഉപാധി ഭേദത്തെ അംഗീകരിച്ച് പത്തിന് അംഗീകരിക്കാൻ പറ്റും എനിക്ക് ഒരു അവതാരം കഴിഞ്ഞു അപ്പൊ മറ്റൊരു അവതാരത്തെ ഉദാഹരണമായിട്ടുള്ളത് ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല ഈ അവതാരം എന്ന് പറയുന്നത് സർവജ്ഞനാണ് പൂർണമാണ് അപ്പൊ പൂർണനായ ജഗത്തിന്റെ ശിക്ഷി സ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്ന പൂർണ്ണമാണ് ആ പൂർണ്ണനായ ഭഗവാന്റെ പ്രവൃത്തിക്ക് വേറൊരു അവതാരത്തിന്റെ പ്രമാണം ആവശ്യം അതിനു കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നുകൊണ്ട് വിശേഷി പ്രയോജനമൊന്നുമില്ല കാരണം ഭേദത്തേണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ രണ്ടുപേരും വേറെ വേദനയാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അഭിനന്ദി രണ്ടും അംഗീകരിക്കട്ടു അദ്വൈതിക്ക് അംഗീകരിക്കും അപ്പൊ രണ്ടുപേരെ സർവജ്ഞാനും അപ്പോ ശ്രീകൃഷ്ണൻ പ്രവർത്തിക്കുന്നത് രാമൻ എനിക്ക് ചെയ്തു നോക്കിയിട്ടില്ല അതിന്റെ ആവശ്യമൊക്കെ സർവജ്ഞനായിരുന്നു രാമൻ പ്രവർത്തിക്കുന്നത് ശ്രീകൃഷ്ണൻ എനിക്ക് ചെയ്തു നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടും രാമന് സർവജ്ഞനാണ് അങ്ങനെ എനിക്ക് വേറൊരാളും ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത് എന്താ അർത്ഥം തന്നെയാണ് എന്തെങ്കിലും അവിടെ ഫാൾസ് സൈക്കോട്ടമി എന്ന് പറയുന്ന ഒരു ദോഷമാണ് നമ്മൾ തർക്കങ്ങൾ ഉന്നയിക്കുമ്പോൾ തർക്കത്തിൽ വരാമെന്നുള്ള ദോഷങ്ങളോട് മനസ്സിലാവും അത് വൈരുദ്ധ്യം വൈരുത്തു എന്ന് പറയുന്ന ദോഷം വന്നു പിന്നെ ആ തർക്കം ഒരിക്കലും ധനം കിട്ടില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ദോഷം പരിഹരിക്കത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും ഒരേ തർക്കം ആ തർക്കത്തിൽ വരുന്ന ദോഷം ശരിക്കും മനസ്സിലാക്കാൻ വയ്യാത്ത മനസ്സിലാക്കിയാൽ അത്പേക്ഷിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേ നമ്മളിങ്ങനെ ളക് ഞാൻ സമാനം പറയും അതേ ചോദ്യം ചോദിക്കും വീണ്ടും ഞാൻ ആ സമാനം പറയും ഇങ്ങനെ പോകും അപ്പൊ അതിനുള്ള വൈരുദ്ധ്യത്തെ മനസ്സിലാക്കുന്നതാണ് എൻ്റെ ഒരു പങ്ങൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ പറയുന്ന എപ്പോഴും നമ്മൾ തർക്കങ്ങൾ ഉന്നയിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ തർക്കത്തിൽ വരുന്ന ദോഷങ്ങളും നമ്മൾ മനസ്സിലാക്കി ർക്കത്തിൽ വരുന്ന ദോഷം മനസ്സിലാക്കുമ്പോൾ തർക്കത്തെ ഉപേക്ഷിക്കരുടെ ദേർ ആർസോ ഇൻ ദാറ്റ് വിസ് കമൻട്രി that uh, That that also it. That subject also subject There Ramanija, Rama is there, is, uh, mm -hmm. there Rama there Gita said, Rama, is interpretation said രാജ രാജാട്ടേഷൻസ് രാമർ ഗീതാസന് രാമായ Rama is is is a a of Narayana, Narayana that is their That their is, you read that commentary, യു റീഡ് uh, that commentary uh, there also, ആൾസോർ രാമാനുജാ Then Vekrana Naga, they are also supporting that. Shastra Bhritti Rama. There are another controversies also there. What it means by Shastra Bhritti? One group's opinion is that is Shastra Bhritti Parishirama. Because in the commentaries. Why Parishirama? Because Shastra means... Not their astrabhrat. So So it means so, is Shastram. That ശസ്ത്രം ഇറ്റ് മീൻസ് പരിശു സോ പരിശുരാമായി ശസ്ത്രഭൃത് ദാറ്റ് മീൻസ് ഇൻ പരിശുരാം നോട്ട് ശ്രീരാം അതർ പീപ്പിൾസ് ശ്രീരാമ Shastra and ശസ്ത്ര So their ശസ്ത്രൃത് ഇസ് ശ്രീരാം There are also all the verses of it. According to this sambaraya. So I cannot say it depends upon this. That also depends upon these various commentaries. Okay? He is satisfied. You are not satisfied still. But you have to refer that comment to me. I cannot make you fully satisfied. You have to refer that comment to me also. Okay. Go yudha and avrayatamayam. And the avrayatamayam. വെങ്കടനാഥൻ എന്ന് പറയുന്നതാണ് ഈ ധരണ പക്ഷപാതത്തിൽ പെട്ടയാൾ അതുകൊണ്ട് രാമായണത്തെ നേരിട്ട് രാമായണത്തിൻ്റെ അർത്ഥമുണ്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം മറ്റു പുരാണങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന പരശുരാമചരിതം മനസ്സി വെച്ചുകൊണ്ട് രാമായണത്തിനനുസരിച്ച് അത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു അത് അബദ്ധമാണ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ രാമായണോടുത്ത് നേരിട്ട് വായിച്ചു നോക്കാം എന്നിട്ട് അവിടെ ശ്രീരാമനും പരശുരാമനും പരസ്പരം ഞങ്ങൾ രണ്ടുപേരും അവതാരങ്ങളാണെന്ന് മനസ്സിലാക്കി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാം പിൻവലിച്ചിരുന്നു എനിക്ക് അഭിപ്രായം മാറ്റി പറയുന്നതിന് യാതൊരു മണിയുണ്ടായി ഇന്നലെ പറഞ്ഞത് ഞാൻ ഇത് മാറ്റി പറയും ഒരു മണിയില്ല എപ്പോ മാറ്റി പറയും ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ മാറ്റി പറയും അല്ലെങ്കിൽ കൊന്നാലും മറക്കട്ടെ എന്റെ എല്ലാ അഭിപ്രായങ്ങളും എനിക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ നില നിൽക്കും അത് ആദ്യം മനസ്സിലായിക്കോ ഞാൻ ആത്യന്തികമായ സത്യത്തെ ബോധിപ്പിക്കുന്ന ദൈവം നമ്പുരാൻ ഒന്നുമല്ല ഞാനൊരു ചെറിയ മനുഷ്യനാണ് നിങ്ങളെപ്പോലെയല്ല പരിണാമത്തിനും കുരങ്ങിൽ നിന്ന് വന്ന ഒരു സാധനം എനിക്കറിയാവുന്ന കാര്യങ്ങളെനിക്ക് പറയാൻ പറ്റുമോ ആ തെറ്റാണെങ്കിൽ ഞാൻ മാറ്റി പറയും അതിന് മനസ്സിലായി പക്ഷെ തെറ്റാണെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുന്നു ആരെങ്കിലും ബോധ്യപ്പെടുത്തിയെന്ന് പറയും ബോധ്യപ്പെടില്ല എന്ന് വായിച്ചു ബോധ്യപ്പെടുന്നുണ്ട് എനിക്ക് വേണ്ടത് എന്താണോ ആ എവിഡൻസ് വേണം തെളിവുകയാണ് നമ്മള് രാമായണം കൊണ്ടുവന്നു കൊണ്ടൊന്നും വരണ്ട നിങ്ങള് വായിച്ചിട്ട് എന്റെ ശ്ലോകത്തിൽ എഴുതിയിരിക്കുന്നു അവരെല്ലാവരും പരസ്പരം മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നതിന് ഞാൻ എന്താണ് സഷ്ടാംഗം പ്രണമിക്കും പറയുന്ന ആള് എന്നിട്ട് എന്റെ തെറ്റ് സമ്മതിക്കും തെറ്റ് പറ്റാത്ത ആളെല്ലാം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെങ്കടനാഥൻ പറഞ്ഞ ഈ മറുപടി അപര്യാപ്തവും പറയാൻ പാടില്ല തെളിവിന്റെ അടിസ്ഥാനത്തി പറയും അങ്ങനെ എനിക്ക് പറയുന്നത് അങ്ങോട്ട് വ്യക്തമാവുന്നു ഒന്ന് ഉറച്ചു പറയാം എനിക്ക് തോന്നുന്നു എന്റെയും ജവിക്കേണ്ട പ്രശ്നം ഉള്ളത് ഇനി ഒന്ന് എംസി പോയെന്ന് ട്രസ്റ്റ് ചെയ്യുന്നു സമയങ്ങളിൽ അങ്ങനെ വായിച്ചിട്ടില്ലല്ലോ അങ്ങനെ എഴുതി ചേന്നെങ്കിൽ അതിന് എനിക്ക് പയാസമുണ്ട് അല്ല എന്താണോ പറഞ്ഞത് ഞാൻ മനസ്സിലായില്ലേ എന്തൊന്നും പറയും പറയുന്നോണ്ട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ പറയുമ്പോഴേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും എനിക്ക് പറയാൻ പറ്റും എനിക്ക് നിങ്ങളിങ്ങനെ ചോദ്യങ്ങളെ ചോദിച്ചു ചോദിക്കുമ്പോഴാണ് എനിക്കൊന്ന് സ്മാർട്ട് ആവുന്ന ഒരു അവസരം കിട്ടുന്നത് അന്ന് നിങ്ങളായിട്ട് കളയുന്നത് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒരു ജീവോത്സവം പോലെ പഠിപ്പിക്കും എന്തെങ്കിലും ചോദ്യം വരുമ്പോഴാണ് അതാകും ഒരാളാ ചോദിക്കുന്നത് അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നതാണ് സാധാരണപ്പെടുത്തത് അപ്പോ പിന്നെ ചോദ്യം ചോദിക്കുമ്പോ ഞാനങ്ങ് സ്മാർട്ടായി പോകും അപ്പൊ മറുപടി ഇത്തിരി കടത്ത് പോകും അതെന്തോഴപ്പാണ് അത് എന്റെ ജീനന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ഇപ്പൊ ലാസ്റ്റ് ചോദ്യം എന്താണ് രാവിലെ അല്ല അത് അത് എപ്പോഴും നമ്മൾ മനസ്സിലാകണം എന്താണ് ഈ തർക്കങ്ങളെന്ന് പറയുന്നത് അപ്രതിഷ്ഠ ഇതിനവസാനമില്ല ലോകാവസാനം വരെ രാമാനുചാചാര്യനും ശങ്കരാചാര്യനും തർക്കിച്ചുകൊണ്ടേ ഈ തർക്കം തീർക്കുന്ന ആളാണ് ഞാൻ നിങ്ങള് ധരിച്ചത് അങ്ങനെയും ധരിച്ചോളാം ഉത്തരശരീരെന്ന് തോന്നുമ്പോൾ അവർ വേറെ ചോദ്യം ഉന്നയിക്കും ഉന്നയിക്കുമ്പോൾ വീണ്ടും അടുത്ത മറുപടി പറയും നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇത് അവസാനിക്കുന്നു വിചാരിക്കരുത് എന്തുകൊണ്ട് പറയുന്ന മുഴുവൻ കേവലം ഗർഭലോചിക്കുകളാണ് വാചകോയുക്തികളാണ് അല്ലെങ്കിൽ വാക്യുക്തികളാണ് അപ്പോൾ അതിനൊരു അവസാനം എന്താണ് അത് തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇതിന്റെ പക്ഷപാധിത്വമെടാതെ സ്വന്തം ബുദ്ധി യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന ഒരു നിലപാട് ഞാൻ സ്വയം ും എന്താണ് അന്ധമായ വിശ്വാസങ്ങളും കാരണാപക്ഷപാതിത്വങ്ങളും പെടാതെ ബുദ്ധിയെ നിലനിർത്തുന്നതിനാണ് ഞാൻ മുക്തി എന്ന് വരുന്നത് അത് മുക്തി എന്ന് പറയുമ്പോൾ ആന്തരികമായ സ്വാതന്ത്ര്യം ബാഹ്യമായി ആർക്കും മുക്തനാകാൻ പറ്റത്തില്ല ബാഹ്യമായി നമ്മളെല്ലാം പരസ്പരം ദൃഢമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പരസ്പരം സഹായിച്ച് സഹകരിച്ച് കൊടുത്തും വാങ്ങിയൊക്കെ മനുഷ്യരിൽ ജീവിക്കാൻ പറ്റും അതിൽ നിന്ന് ആർക്കും വഴിഞ്ഞിരിക്കാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് കേവലം വ്യക്തി എന്തോ മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ പറ്റിയൊരു കാര്യമാണ് പക്ഷെ അത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും മനസ്സിലാകാൻ പറ്റാത്ത അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ